ധ്യായം ഒൻപത് അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ഛത്തിൽ വിളിച്ച് നഗരത്തിന്റെ സന്ദർശനങ്ങളെ അടുത്തുവരുമാറാക്കുവി ഓരോരുത്തനും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ ആറ് പുരുഷന്മാർ ഓരോരുത്തനും വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിന്റെ വഴിയായി വന്നു അവരുടെ നടുവിൽ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു അവർ അകത്തു ചെന്ന് താമ്രയാഗപീഠത്തിന്റെ നിന്നു ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന ഖരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു പിന്നെ അവൻ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു അവനോടിയെ ഹോവാ നീ നഗരത്തിന്റെ നടുവിൽ എരുശില്ലെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേക്ഷതകളും നിമിത്തം കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളമിടുക എന്ന് കൽപ്പിച്ചു മറ്റേവരോട് ഞാൻ കേൾക്കേ അവൻ നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത് നിങ്ങൾ കരുണ കാണിക്കരുത് വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൻ എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തുടരുത് എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ആലയത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി അവനവരോട് നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി പ്രാകാരങ്ങളെ നിഹതന്മാരെ കൊണ്ട് നിറപ്പീൻ പുറപ്പെടുവീൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ പുറപ്പെട്ടു നഗരത്തിൽ സംഹാരം നടത്തി അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു ഞാൻ കവിണ്ണു വീണു അയ്യോ യഹോവയായ കർത്താവെ യരുസലേമിന്മേൽ നിന്റെ ക്രോധം പകരുന്നതിനാൽ ഇസ്രയേലിൽ ശേഷിപ്പുള്ളവരെയൊക്കെയും സംഹരിക്കുമോ എന്ന് നിലവിളിച്ച് പറഞ്ഞു അതിനവനെന്നോട് ഇസ്രായേൽ ഗ്രഹത്തിന്റെയും യഹൂദാഗ്രഹത്തിന്റെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു ദേശം രക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു യഹോവ കാണുന്നില്ല എന്നവർ പറയുന്നുവല്ലോ ഞാനോ എന്റെ കണ്ണിന് ആദരവ് തോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് അരുളി ചെയ്തു ക്ഷണവസ്ത്രം അരയിൽ മക്ഷിക്കുപ്പിയുമായുള്ള പുരുഷൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് വസ്തുത ബോധിപ്പിച്ചു